ധ്യായം എട്ട് അനന്തരം ദാവീദ് ഫെലിസ്തീരെ ജയിച്ചടക്കി മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്തീരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി അവൻ മോവാബിരെയും തോൽപ്പിച്ച് അവരെ നിലത്തു കിടത്തി ചരടുകൊണ്ട് അളന്നു കൊല്ലുവാൻ രണ്ടു ചരടും ജീവനോടെ രക്ഷിപ്പാൻ ഒരു ചരടുമായി അവനളന്നു അങ്ങനെ മോവാബ്യർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തുവന്നു രഹോബിന്റെ മകനായി ശോഭരാജാവായ ഹദദേസർ നദീതീരത്തുള്ള തന്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു അവന്റെ വക കുതിരച്ചേവകരെയും ഇരുപതിനായിരം കാലാളുകളെയും ദാവീദ് പിടിച്ചു രഥക്കുതിരകളിൽ നൂറു മാത്രം വെച്ചും കൊണ്ട് ശേഷം കുതിരകളെയൊക്കെയും കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു ശോഭാ രാജാവായ ഹതദേസറിനെ സഹായിപ്പാൻ ദമ്മേശിക്കനോട് ചേർന്ന അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ ായിരം പേരെ സംഹരിച്ചു പിന്നെ ദാവീദ് ദമ്മശിക്കനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു അരാമീരും ദാവീദന് ദാസന്മാരായിത്തീർന്നു കപ്പം കൊടുത്തുവന്നു ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി ഹതദേശരന്റെ ഭൃത്യന്മാർക്ക് ഉണ്ടായിരുന്ന പൊൻപരിചകളെ ദാവിതെടുത്തു എരുഷലമിലേക്ക് കൊണ്ടുവന്നു ഹതദേസറിന്റെ പട്ടണങ്ങളായ ബേദഹിൽ നിന്നും ബരോതായിൽ നിന്നും ദാവിദ് രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു ദാവിദ് ഹതദേസറിന്റെ സർവസൈന്യത്തെയും തോൽപ്പിച്ചു എന്ന് ഹമാ രാജാവായ തോയി കേട്ടപ്പോൾ ദാവിദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹതദേശരനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയി തന്റെ മകൻ യോരാമിനെ രാജാവിന്റെ അടുക്കൽ അയച്ചു ഹതദേശരന് തോയിയോട് കൂടെ യുദ്ധമുണ്ടായിരുന്നു യോരാം വെള്ളി പൊന്ന് താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു ദാവിദരാജാവ് ഇവയെ രാമ്യർ മൊവബ്യർ അമ്മൂഞ്ഞർ ഫെലിസ്റ്റർ അമാലിക്കർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നും രഹോബിന്റെ മകനായി ശോഭാ രാജാവായ ഹതദേസരന്റെ കൊള്ളയിൽ നിന്നും എടുത്ത് വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു പിന്നെ ദാവീദ് ഉപ്പു താഴ്വരയിൽ വെച്ച് പതിനെണ്ണായിരം അരാമ്യരെ സംഹരിച്ച് മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു അവൻ ഏതോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി ഏതോമിൽ എല്ലായിടത്തും അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു ഏതോമ്യരൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രയേലിനെയും വാണു ദാവീദ് തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു സെരൂയയുടെ മകൻ യോവാബ് സേനാധിപതിയും അഹീലൂദിന്റെ മകൻ യഹോഷഫാദ് മന്ത്രിയും ആയിരുന്നു അഹീത്തൂബിന്റെ മകൻ സാദൂക്കും അബ്യാഥാരന്റെ മകൻ അഹിമലേക്കും പുരോഹിതന്മാരും സെരായ രാജസക്കാരനും ആയിരുന്നു യഹോയാദയുടെ മകൻ ബനായാവ് ക്രൈത്യർക്കും പ്ലേത്യർക്കും അധിപതിയായിരുന്നു ദാവിദന്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു